പ്രിയപ്പെട്ടവർ എബ്രായർ പതിനൊന്നിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ വാക്യം കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു ഇരുപത്തി മുതൽ നമുക്ക് താഴോട്ട് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാം നമുക്ക് നമ്മൾ ഈ ഭാഗം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു അതായത് യാക്കോബിനെ കുറിച്ചാണ് പറയുന്നത് യാക്കോബ് മരണകാലത്തെങ്കിൽ ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു നമ്മൾ രണ്ട് കാര്യങ്ങളാണ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് എന്ന പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചത് ഒന്ന് വടിയെന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു അത് ഒരു പരദേശിയുടെ ആ ഒരു യാത്രയെ കാണിക്കുന്ന ഒരു ഉപകരണമാണ് വടി മരുഭൂമിയിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ അവർ സഞ്ചരിക്കുമ്പോൾ അവരെപ്പോഴും കയ്യിലൊരു വടി കരുതുമായിരുന്നു പോരെങ്കിലിവർ ആട്ടിടയന്മാരാണ് അവരുടെ തൊഴിലനുസരിച്ച് അപ്പോഴും അവരുടെ കയ്യിലൊരു വടിയുണ്ട് ഇവിടെ ഇതായി വടിയെന്ന് പറയുന്ന ആ ഒരു കാര്യം അവർ യാക്കോബ് തന്നെ തന്നെ നോക്കുമ്പോൾ താന് എന്താണ് താനിവിടെ ഒരു സഞ്ചാരിയാണ് ഒരു പരദേശിയാണ് താൻ പറവനെ അനുഗ്രഹിക്കുന്ന ഒരു രംഗം അറിയാമല്ലോ അവിടെ എന്താ പറയുന്നത് എൻ്റെ മരിപ്രയാണത്തിൻ്റെ കാലം എത്ര വയസ്സായി എന്നാ പറവൻ ചോദിക്കുന്നത് അന്നേരം പറയുന്നത് എൻ്റെ മരിപ്രയാണത്തിൻ്റെ കാലം അപ്പം തൻ്റെ ജീവിതത്തെ താൻ കാണുന്നത് എന്താ ഇതൊരു പ്രയാണമാണ് ഒരു യാത്രയാണ് ഒരു സഞ്ചാരമാണ് സഞ്ചാരം എന്ന് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നമുക്കൊരു നിലനിൽക്കുന്ന ദേശമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആ വടിയെന്ന് പറയുന്ന ആ കാര്യത്തിൽ നിന്ന് ഒന്നാമത് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെടുത്തത് നമ്മളും ഈ ഭൂമിയിൽ സഞ്ചാരികളായിരിക്കണം നമ്മൾ ഇവിടെയല്ല നമ്മുടെ സ്വന്തം നാട് നമ്മളിവിടെ കുറച്ച് നാളത്തേക്ക് പ്രവാസികളായിട്ട് വന്നു ഗൾഫ് നാടുകളിൽ പോകുന്ന ആളുകൾ അവിടെ ചില നാളുകൾ അവിടെ അവരായിരിക്കുന്നെങ്കിലും അവർക്ക് അവരെന്തല്ല അവരവിടുത്തെ പൗരന്മാരല്ല അവർക്കവിടുത്തെ ഇലക്ഷനുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അതിൽ വോട്ട് ചെയ്യാനൊക്കെ അല്ല അവർക്കവിടെ ജീവിച്ചു പോകാം ജോലി ചെയ്ത് പോകാം ശമ്പളം വാങ്ങാം കുഞ്ഞുങ്ങളെ വളർത്താമെന്നൊക്കെ ഉള്ളെങ്കിലും അവരുടെ മാതൃരാജ്യം ഏതാണ് അവർ ഇന്ത്യയാണ് ഗ്രഹാതുരതയോടെ ഓർക്കുന്നത് ഇന്ത്യയിൽ വരണം അവർ സമ്പാദിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പണം അവരെവിടെയാണ് നിക്ഷേപിക്കുന്നത് അവർ ദുബായിലോ അബുദാബിയിലോ അല്ല ഇടുന്നത് അവരെവിടെയാണ് ഇന്ത്യയിലാണ് കേരളത്തിലാണ് അവർ സ്ഥലം വാങ്ങുന്നത് വീട് വെക്കുന്നതൊക്കെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭൂമിയിലെ പരദേശികളാണ് പ്രവാസികളാണ് നമ്മൾ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് ഇവിടെയല്ല നമ്മളും മറ്റൊരു നാട്ടുകാരാണ് എന്നുള്ള ഒരു ബോധ്യമാണ് യാക്കോവിൻ്റെ ആ വടി എന്നുള്ള ആ പ്രയോഗം ഞാനൊരു പരദേശിയാണ് എന്നുള്ള ആ കാര്യം അത് യാക്കോബിന് എവിടെ നിന്ന് കിട്ടി യാക്കോവിൻ്റെ പൂർവ്വപിതാക്കളും ആ നിലയിൽ തന്നെയായിരുന്നു നിന്നത് ഇസാക്കാകട്ടെ അബ്രഹാമാകട്ടെ അവർക്ക് വാഗ്ദത്തം കിട്ടിയ ദേശത്ത് പോലും അവർ അവിടമല്ല തങ്ങളുടെ നാട് എന്നുള്ള നിലയിൽ അവരെ ജീവിച്ചു വന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയും അപ്പോൾ അതാണ് വടിയുടെ കാര്യം ഒന്നും നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നമ്മൾ യാക്കോബിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിൽ വരുമ്പോൾ യാക്കോബ് താന് അവിടെ മുടൽ താന് യാ കടവിൽ ദൈവത്തിൻ്റെ ദൂതനെ മുഖാമുഖമായിട്ട് കണ്ട് അവനുമായിട്ട് മല്ലുപിടിച്ച ഒരു രംഗമുണ്ട് മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം മുതൽ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് അവനെന്തായിത്തീർന്നു അവനൊരു മുടന്തനായി തീർന്നു ഒരു വടി ഇല്ലാതെ സഞ്ചരിക്കാനൊക്കെ ആതവണ്ണം ഒരു മുടന്തനായിത്തീർന്നു ഇതെന്തിനെയാണ് കാണിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ ദൈവസഭയിലായിരിക്കുമ്പോഴും നമ്മുടെ ആശ്രയം നമ്മുടെ സ്വയത്തിലാകാനൊരു സാധ്യതയുണ്ട് സ്വയാശ്രയക്കാരായി തീരാനൊരു സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ എന്തായിരിക്കണം സ്വയത്തിലൊരു ആശ്രയമില്ലാത്തവരായിട്ട് സ്വയത്തി ചാരുമ്പോൾ എപ്പോഴും മുടന്തുള്ളവരെ പോലെ നമ്മൾ വേറെ ദൈവത്തിൽ ആശ്രയമുള്ളവരായിട്ട് നമ്മളായിരിക്കണം ഇന്നത്തെ ഈ ലോകവും ആളുകളുമെല്ലാം പറയുന്നത് എന്താ സ്വയത്തിൽ ആശ്രയം വേണമെന്നും സ്വയം പര്യാപ്തരായിരിക്കണമെന്നും ആ പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ വളർത്തുന്നത് സെൽഫ് സഫിഷ്യൻ്റായിട്ടും സ്വയത്തിൽ വിശ്വാസമുള്ളവരായിട്ടും ഒക്കെ തന്നെയാണ് വളർത്തണം അതാണ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ ആ നിലയിലാണ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തായിരിക്കണം അവൻ തന്നിൽ തന്നെ ദുർബലനായിരിക്കണം അത് ലോകത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല ഇന്നത്തെ വിശ്വാസലോകവും ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്താണ് ദുർബലരായിരിക്കും അങ്ങനെയല്ല നമ്മൾ നല്ല മിടുക്കന്മാരായിരിക്കണ്ടേ എന്നാണ് ആളുകൾ പറയുന്നത് ഇതൊരു പ്രത്യേക അർത്ഥത്തിലാണ് പറയുന്നത് എന്താ സ്വയത്തിൽ ഒരു ആശ്രയമില്ല ഒരു കാര്യം വരുമ്പോൾ ഓരോ രംഗത്തും നമ്മൾ തന്നെ ഒരു ഊന്നലില്ലാതെ ഓ നമ്മൾ നമ്മിൽ തന്നെ മുടന്തൻ എപ്പോഴും ഒരു വടി കൈയ്യെ പിടിക്കുന്ന പോലെ നമ്മൾ ആരിലാണ് ഊന്നുന്നത് ദൈവത്തിൽ ദൈവം ഞാൻ ഇറങ്ങി പുറപ്പെടുന്നു ദൈവ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവം ഞാൻ എന്നോട് ഇപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞു ഞാൻ എന്താ മറുപടി പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ ഏത് രംഗത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി ഇരിക്കണം ചാൾസ് പർജൻ എന്ന് പറഞ്ഞൊരു ദേവദാസൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു സാത്താൻ ഇന്ന് വിശ്വാസികളെ പിടിക്കാനായിട്ട് വെച്ചേക്കുന്ന ഏറ്റവും വലിയ വലയെന്ന് പറയുന്നത് സ്വയാശ്രയത്തിൻ്റെ വലയ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ വേണോ എന്ന് ഞങ്ങൾക്കറിയാം ആർക്കും ആരോടും ഞങ്ങൾ ആർക്കും കിടക്കാറൊന്നുമല്ല പ്രത്യേകിച്ചും ഈ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ വിട്ട് സുവിശേഷവിഹിത സഭകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ അവിടെ ആരും ആരുടെ മേളിലല്ല എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എല്ലാവരും എല്ലാവർക്കും എല്ലാവരെയും ഈ കാര്യത്തിലേക്ക് വിളിച്ചിരിക്കുക ശരി ഫലത്തിൽ ആരും ആർക്കും കീഴടങ്ങാതെ അവനവനിൽ ഊന്നിയുള്ള എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും എന്നുള്ള മട്ടിൽ പോകുന്നതാണ് ഇന്നത്തെ നാട്ടു എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ യാക്കോവിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത് എന്താ അവൻ യാഹോക്ക് കടവിൽ ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദൂതനോട് മല്ലു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ തുട തടം ഉളുക്കി അവന് തന്നിൽ തന്നെ ഒരു ആ നിലയിൽ ഒരു ചാരലില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് വലിയ വ്യക്തതയില്ല എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ വ്യക്തതയുള്ള ഒരാളെ നമുക്കറിയാം അത് മതിയല്ലോ നമുക്കൊത്തിരി കാര്യങ്ങൾ അറിഞ്ഞുകൂടെയും എല്ലാം അറിയുന്ന ഒരു ദൈവത്തെ നമുക്കറിയാമെങ്കിൽ അത് മതി ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം നിരന്തരം ചാരണം നിരന്തരം ചാരണം ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു ഇതൊക്കെ ഇന്നത്തെ സുവിശേഷവിഹിത ലോകം ചില ചില ചടങ്ങുകളെ കൊണ്ടുവച്ചിരിക്കുക രാവിലെ എഴുന്നേറ്റാൽ എന്ത് വേണം രാവിലെ എഴുന്നേറ്റാൽ പ്രഭാത പ്രാർത്ഥന വേണം എല്ലാവരും കൂടി ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുക വൈകുന്നേരവും ഒരു പാട്ടും പ്രാർത്ഥനയും അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നു ആ ആശ്രയം ജീവിതത്തിൽ ആ ദിവസം മുഴുവൻ തുടരുന്നു രാത്രി കിടക്കാൻ പോകുമ്പോഴും ദൈവമേ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ നിന്നിൽ ആശ്രയിച്ച് നിന്നിൽ ചാരി ജീവിച്ചല്ലോ നീ എന്നെ നടത്തിയല്ലോ നന്ദി എന്ന് പറഞ്ഞ് സദ്യ പ്രാർത്ഥനയും നടത്തി കിടന്നുറങ്ങും പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുക ഒരു ചടങ്ങായി മാറാം രാവിലത്തെ പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം പ്രാർത്ഥനയുണ്ട് പക്ഷേ എന്തില്ല അത് കഴിഞ്ഞിട്ട് ഒരു ചടങ്ങ് നിർവഹിച്ചു പാടി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ടോ സ്വയം എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആരോടും ഒന്നും ചോദിക്കേണ്ട ദൈവവും വേണ്ട എന്നുള്ള മട്ടിൽ സ്വയാശ്രയക്കാരാണെങ്കിൽ ചാൻസ് പറഞ്ഞാൽ പറഞ്ഞേക്കുന്നത് അതൊരു സാത്താൻ്റെ ഒരു വലയാണ് ഈ വലയ്ക്കകത്ത് പാവം മീൻ കുടുങ്ങിയാൽ ആ മീനിന് പിന്നെ രക്ഷയുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് വിശ്വാസിയെ പിടിക്കാനായിട്ട് വെച്ചേക്കുന്ന സാത്താൻ വെച്ചിരിക്കുന്ന ഒരു വലയാണ് സ്വയാശ്രയത്തിൻ്റെ വല നമുക്ക് നമ്മിലല്ല ആശ്രയം വേണ്ടത് മറിച്ച് ഏതിലാണ് ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം അതാണ് ഈ വടി നമ്മളെ ഓർപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം നമുക്ക് ഇരുപത്തി വാക്യത്തിലേക്ക് വരാം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യാക്കോ യാക്കോവിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പിന്നീട് പറയുക വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ച് തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു യാക്കോവിൻ്റെ മകൻ ജോസഫ് ജോസഫിനെ ജോസഫിനെ പറയുന്നു താനും വിശ്വാസത്താൽ എന്ത് ചെയ്തു വിശ്വാസത്താൽ താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു തൻ്റെ അസ്ഥികളെക്കുറിച്ചും കൽപ്പന കൊടുത്തു നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും താൻ എന്തു ചെയ്തു താന് ജോസഫ് താന് തൻ്റെ മരിപ്പാറായ ആ സമയത്ത് താന് തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുക്കുന്നു അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അൻപതിൻ്റെ ഇരുപത്തി നാല് പുറപ്പാട് ക്ഷമിക്കണം ഉൽപ്പത്തി പുസ്തകം അൻപതിൻ്റെ ഇരുപത്തി നാല് ജോസഫ് തൻ്റെ സഹോന്മാരോട് ഞാൻ മരിക്കുന്നു ഞാൻ മരിക്കുന്നു എന്നാൽ എന്നാൽ എന്തു ചെയ്യും എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും ഈ കാര്യം തനിക്ക് എങ്ങനെ അറിയാവുന്നത് സന്ദർശിക്കും ഭാവിയിലുള്ള ഒരു കാര്യം അവിടെയാണ് വിശ്വാസം കടന്നു വരുന്നത് നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസാക്കിനോടും സത്യം ചെയ്ത് ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത വാക്യം ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഈ ഒരു കാര്യം തനിക്ക് തൻ്റെ പിതാവ് യാക്കോവിൽ നിന്ന് കിട്ടിയതാണ് ഇസ്രായേൽ മരിക്കുമ്പോൾ എന്തോ ചെയ്തു ആ ഇവിടെയല്ല ഇത് പരദേശം ആണ് വെച്ചാൽ മിസ്രൈമിൽ ആണ് നമ്മളായിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട് ഏതാണ് നമ്മുടെ ഭാഗ്ദത്ത അവിടെയാണ് അതുകൊണ്ട് എന്നെ അവിടെ അടക്കണം എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ജോസഫിന് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലൊരു വെളിച്ചം കിട്ടിയത് ജോസഫ് എന്തോ പറയുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളാ താൻ പറയുന്നത് ഒന്ന് നിങ്ങളെ ദൈവം സന്ദർശിക്കും നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് വലിയ കാര്യമായിട്ടൊക്കെ ജീവിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നു കൊണ്ട് നിങ്ങൾക്കിവിടെ നല്ല അംഗീകാരമൊക്കെ ഉണ്ട് ഇവിടെ സുഖം എന്ന് വിചാരിച്ചങ്ങ് ജീവിക്കുക പക്ഷേ ദൈവം എന്താ ചെയ്തു വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിച്ചാൻ അവൻ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകും നിങ്ങളെ അവിടെ കൊണ്ടുപോകും അതാണ് ഒരു കാര്യം രണ്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ എൻ്റെ അസ്ഥികളെ കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടു എന്ന് പറഞ്ഞ് അത് താന് അവരെ കൊണ്ട് സത്യം നമ്മൾ തുടർന്നുള്ള ഇസ്രായേൽ മക്കളുടെ ആ യാത്രയും ഒക്കെ നമ്മൾ നോക്കുമ്പം ഈ കാര്യം അവർ ഓർത്തു ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ മോശ മോശ എന്തെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം നോക്കുക പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മോശ ജോസഫിൻ്റെ അസ്ഥികളെ എടുത്തുകൊണ്ട് പോന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന നിശ്ചയം അപ്പോൾ എൻ്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു കണ്ടോ പറവൻ അവരെ വിട്ടയച്ച രംഗമാവർക്കുന്നു പറവം വിട്ടയച്ചപ്പോഴെങ്ങനായിരുന്നു വലിയ തിരക്കിലാണ് തീർതിയിലാണ് പോകുന്നത് എങ്ങനെയും വേഗം പൊക്കോ എന്ന് പറവ പറഞ്ഞേന് അവർ മാ അപ്പമൊക്കെ ആകുന്നതേ ഉള്ളൂ അതും കൊണ്ട് അവരങ്ങ് പുറപ്പെടുക ചെയ്തു അങ്ങനെ പുറപ്പെട്ട് തിരക്കിൽ പുറപ്പെടുമ്പോൾ സാധാരണഗതിയിൽ പണ്ടങ്ങാണ്ട് ഒരു ജോസഫ് പറഞ്ഞ ഒരു കാര്യം ഓർത്ത് അസ്ഥി എടുത്തുകൊണ്ട് പോകണമെന്ന് മോശ പക്ഷെ ഓർത്തു അതാണ് മോശം എന്തു നമ്മൾ സത്യം ചെയ്തതാണ് എന്ന് പറഞ്ഞ് മോശ ഇതാ ജോസഫിൻ്റെ അസ്ഥികളെ കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നിട്ട് നമ്മൾ ജോഷിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യം കാണാനായിട്ട് കഴിയും ഈ അസ്ഥികളെ കൊണ്ടുവെല്ലുന്നതും അവിടെ കനാൻ നാട്ടിൽ അതിനെ അടക്കുന്നതും ഒക്കെയായ കാര്യങ്ങളൊക്കെയും നമ്മൾ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ടിലും ഒൻപതിൻ്റെ ഒന്നിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ജോഷിയുടെ പുസ്തകത്തിൽ നമ്മൾ ആ ഭാഗങ്ങളെടുത്ത് വായിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്താണ് ഈ പോകുന്നത് ഈ ജോസഫിൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് എടുത്തു ഈ അസ്ഥികളും കൊണ്ടാണ് ഇവരെന്തോ ചെയ്തത് ഇവരിത്രയും വർഷങ്ങൾ നടന്നു പോയപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇവരുടെ ഈ നടപ്പൊന്നും ആലോചിച്ച് നോക്ക് ഏതാണ്ട് ഇരുപത് ലക്ഷം വരുന്ന ജനം മരുഭൂമി കൂടെ നടക്കുക മരുഭൂമി കൂടെ നടക്കുമ്പോൾ അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ കൂട്ടത്തിൽ ചിലർ ഒരു പെട്ടവെന്ന് തോ അപ്പോൾ വഴി കാണുന്ന ആരെങ്കിലും ചോദിക്കുക സ്നേഹിത ഇതെന്തുവാ ഇതേ ഇതൊരു പ്രത്യേക കാര്യം എന്തുവാ ഇത് ഒരു ഞങ്ങളെ ഞങ്ങളുടെ ഒരു പൂർവ്വപിതാവ് അദ്ദേഹം സത്യം ചെയ്യിച്ചിരുന്നു അസ്ഥികൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അസ്ഥികൾ എടുത്തുകൊണ്ട് പോവുക ഇത് കുറച്ച് നാൾ വല്ലതും ആണോ നമ്മളതിൻ്റെ ചരിത്രം നോക്കുമ്പോഴാണ് ഇവരെത്ര നാൾ ഈ മരുഭൂമി കൂടെ നടന്നു മരുഭൂമി കൂടി ഇത്രയും നീണ്ട വർഷങ്ങൾ നടന്ന് ഒരു തലമുറ മുഴുവൻ അവിടെ അസ്തമിച്ചു പോയിട്ടും എന്തോ ചെയ്തു ഇവർ കൃത്യമായിട്ട് കൊണ്ടുവന്ന് യേശിയുടെ പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും അതേ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ അടക്കുന്നതും ഒക്കെയും നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മളെ ഇരുപത്തിനാലാമത്തെ അധ്യായം യോശയുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമുക്കതൊന്ന് നോക്കാം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം യോശയുടെ പുസ്തകം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രേമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിൻ്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കോബ് ഷേഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ മക്കളോട് നൂറ് വെള്ളിക്കാശിനും വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു കണ്ടോ വഴിയിലെങ്ങും ഈ തിരക്കെല്ലാം ഉണ്ടായിട്ടും പോകുന്ന വഴിക്ക് പലരവരോട് യുദ്ധം ചെയ്യാൻ വന്നു യുദ്ധം ചെയ്യാൻ വന്നു യുദ്ധം ചെയ്യാൻ വന്നപ്പം ആ യുദ്ധമാണോ പ്രധാനം എങ്ങാണ്ടൊരാടെ അസ്ഥിയാണോ പ്രധാനമെന്ന് പറഞ്ഞ് അത് മരുഭൂമിയിൽ ഇട്ടേച്ച് അവർ പോകുന്നില്ല കാരണം അവർ സത്യം ചെയ്യിച്ചതാണ് അതുകൊണ്ട് അവർ കൊണ്ടുവന്ന് ഈ ദീർഘവർഷങ്ങളുടെ നടപ്പിന് ശേഷം ഇവിടെ ഇതാ ആ കനാൻ നാട്ടിൽ ശേഖേമിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്ക് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം ഇവിടെ നമ്മൾ വായിച്ചത് എന്താ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു കണ്ടോ ഇരുപത്തിരണ്ടാമത്തെ ഒരൊറ്റ വാക്യത്തിലാണ് ജോസഫിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് അതിൻ്റെ തലേവാക്യം ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ യാക്കോവിനെ കുറിച്ച് പറഞ്ഞു ഇരുപതാം അതിൻ്റെ തലേ വാക്യത്തിൽ ഇസാക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ മോശയെക്കുറിച്ച് പറയുന്നു അപ്പോൾ കഷ്ടിച്ച് ഇവരുടെയൊക്കെ കാര്യം പറയാൻ ഓരോ വാക്യം മീതമേ കിട്ടുകയുള്ളൂ ഓരോ വാക്യം മീതമേ ഈ ജോസഫിൻ്റെ കാര്യം പറയാൻ ഒരു വാക്യം കിട്ടിയപ്പം എബ്രാഹ് ലേഖനകാരൻ എന്തോ പറയുന്നത് വിശ്വാസത്താൽ വിശ്വാസത്താൽ എൻ്റെ അസ്ഥിയുടെ കാര്യം നോക്കിക്കോണേന്ന് പറഞ്ഞതാണ് ജോസഫിൻ്റെ വലിയ വിശ്വാസമായിട്ട് ഈ എബ്രാഹിലേഖനകാരൻ പറയുന്നത് നമ്മളാണ് ഈ എബ്രാഹ് ലേഖനം എഴുതുന്നതെന്ന് ഇരിക്കട്ടെ ഏതാ നമ്മളാണ് ജോസഫിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരു വാക്യമേ പറയാൻ നോക്കുകയുള്ളൂ ജോസഫിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുക എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മളെന്ത് പറയും വിശ്വാസത്താൽ അവൻ മിശ്രൈൻ ദേശത്ത് ചെന്ന് ഫർവോൻ്റെ പ്രധാനമന്ത്രിയായിത്തീർന്നു എന്നല്ലേ പറയുക അതായത് ഈ നാട്ടിൽ ഈ ലോകത്ത് ഒരു നേട്ടമുണ്ടായതല്ലേ പറയുക ആ അതാണ് പറയുന്നത് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തെ നോക്കുക ഇന്നത്തെ ക്രിസ്തീയ ലോകം ഒരാൾ ഒരാളുടെ വിശ്വാസത്തെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകത്ത് അയാൾ കൈവരിച്ച നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കിട്ടിയ സമൃദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇബ്രാ ലൈനകാരൻ വ്യത്യസ്തനായിരുന്നു താനെന്തോ പറഞ്ഞു താന് ഇവിടെ കണ്ട ജോസഫ് പ്രധാനമന്ത്രിയായെന്നുള്ളത് സത്യത്തിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ വളരെ തിളങ്ങുന്ന ഒരു അധ്യായമാണ് ഈ ദേശത്തു നിന്ന് ഒരു അടിമബാലനായിട്ട് അവിടെ ചെന്ന് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം പറയുന്നത് പോലെ പറവോനും കാര്യങ്ങളും എല്ലാം നടന്നു ഓ നമ്മുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞ് അതിലല്ലേ പ്രശംസിക്കേണ്ടത് പക്ഷെ അവരുടെ പ്രശംസ അതിലല്ല ഓ കാണാത്ത ഒരു നാട്ടിലേക്ക് എന്നോ നിങ്ങളെ ദൈവം കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസുഖങ്ങളെ കൊണ്ടെടുത്ത് അവിടെ കൊണ്ടുപോയി അടക്കിയേക്കണേ എന്ന് പറഞ്ഞെടുത്താണ് ജോസഫിൻ്റെ വിശ്വാസം എന്നാണ് ഇവിടെ പറയുന്നത് ഇത് നമ്മൾ ഇന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയാണ് അതിൻ്റെ മുകളിൽ പക്ഷേ ഈ നിലയിലാണ് എല്ലാവരെയും കുറിച്ചും പറഞ്ഞേക്കുന്നത് മുകളിൽ ഈ യാക്കോവിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ യാക്കോവിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് മരിക്കാൻ നേരത്തെ എന്തോ ചെയ്തു മ വടിയേച്ചാരി ആരാധകനായിട്ട് അനുഗ്രഹിച്ചു എന്നാ പറഞ്ഞേ അതാണോ യാക്കോവിനെക്കുറിച്ച് പറയാൻ നമ്മളാണെ പറയുന്നത് നമ്മളാണെ പറയുന്നത് യാക്കോവ് പോയി അവിടെ ഒരു കൂട്ടമായിട്ട് ഒരാളായിട്ട് പോയി എത്രയോ കൂട്ടമായിട്ട് താൻ മടങ്ങി വന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ഭാര്യമാരും മക്കളും ആടുമാടുകളും മഹാസമ്പന്നനായിട്ട് താൻ തിരിച്ചു അതല്ലേ യാക്കോവിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഇസാക്കിനെക്കുറിച്ച് പറയുമ്പോഴും ഇസാക്കിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന വിശ്വാസത്താൽ ഇസാഖ് എന്തോ ചെയ്തെന്നാൽ യാക്കോബിനെ യേശാവിനെ ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞേക്ക ജീവിതം താരതമ്യേനെ വലിയ സംഭവ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ മക്കളെ അനുഗ്രഹിച്ചതിനേക്കാളും തിളങ്ങുന്ന ഏതെങ്കിലും ഭാഗമല്ലേ എടുത്തു പറയേണ്ടത് ഏതൊക്കെ ഭാഗം പറയാനുണ്ട് താൻ കിണറുകൾ കുഴിച്ചു അന്നത്തെ നമ്മളിപ്പോൾ നോക്കുമ്പം ഇസാക്ക് കിണറുകൾ കുഴിച്ചെന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുകയില്ല എന്നാൽ ഈ മധ്യപുരസ്ഥ ദേശത്ത് അവിടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ആവശ്യം വെള്ളം ഒരു പ്രധാന ഘടകമാണ് അത് താനെ കുഴിച്ചു കിണറുകൾ കുഴിച്ചു എന്നുള്ളത് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമായിട്ട് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം അദ്ദേഹം കുഴിച്ച കിണറിന് ചിലർ അവകാശമൊക്കെ പറഞ്ഞപ്പോൾ അത് വിട്ടുകൊടുത്തേച്ചു വിട്ടുകൊടുത്തേച്ച് പോന്നു പക്ഷേ വിട്ടുകൊടുത്തേച്ച് പോകുന്നു കഴിഞ്ഞാൽ അവസാനം ദൈവം ഇസാക്കിനോട് കൂടുണ്ടെന്ന് കണ്ടപ്പോൾ ഈ അഭിമയിലേക്കുമൊക്കെ വന്ന് ഈ ഇസാക്കിനോട് ഉടമ്പടി ചെയ്യുന്നു അന്നേരം ഇസാക്ക് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് എന്നോട് ഉടമ്പടി ചെയ്യാൻ വരുന്നത് നിങ്ങളല്ലേ ഇവിടുത്തെ വലിയ രാജാക്കന്മാരൊക്കെ അപ്പോൾ ആ നാട്ടിലെ രാജാവ് വന്നിട്ട് പറയുന്നു അയ്യോ അങ്ങനെയല്ല നീ നീ ആ ദൈവത്തിൻ്റെ ആളാന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ന് പറഞ്ഞ് കണ്ടോ അഭിമയിലേക്ക് ഇസാക്കിന് മുമ്പാകെ താന് തന്നെ തന്നെ ചെറിയ ആളായിട്ട് കണ്ട ആ ഒരു രംഗമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇസാക്കിൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ രംഗമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് പക്ഷേ നമ്മുടെ ധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇവിടെ കാര്യങ്ങളെ പറയുന്നത് എന്താ ഇവിടെ ഇസാക്ക് ഭാവി കാലം സംബന്ധിച്ച് യാക്കോബ് ഈ മക് നമസ്കരിച്ചു ജോസഫ് ഇനിയും പുറപ്പെടുമ്പോൾ എൻ്റെ അസ്ഥി എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു ഈ മൂന്നിടത്ത് നമ്മൾ ശ്രദ്ധിച്ചോ ഇത് മൂന്നും ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യം അതേ വരെയുള്ള നേട്ടത്തെക്കുറിച്ചല്ല ഭാവിയെക്കുറിച്ചുള്ളതാണ് ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു ഏഹ് ഈ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് അനുഗ്രഹിക്കുമ്പോഴും ഭാവി സംബന്ധിച്ചാണ് യോസഫ് മറിച്ച് എന്താ മറിച്ച് നമുക്ക് നമുക്കൊരു ദേശമുണ്ട് അവിടെ ആ ദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനാൽ പ്രചോദിതരായി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ കഴിക്കുമ്പോൾ അതാണ് വിശ്വാസമായിട്ട് ദൈവം എണ്ണുന്നത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ അവരായിരുന്ന ഇടത്ത് അവർക്ക് കിട്ടിയ ഒരു സമൃദ്ധിയിലല്ല അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഔന്നത്യം എബ്രാഹിം ലേഖനകാരം കാണുന്നു മറിച്ച് മറിച്ച് വ്യക്തതയില്ലാത്ത ഭാവിയിലേക്ക് അവർ നിക്ഷേപിച്ചതിനെക്കുറിച്ച് നമുക്കും എന്താ നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് നമ്മൾ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്നു ഒന്നും എന്താ നമ്മൾ പാടിയ പാട്ടുകളിലൊക്കെ വരുന്നുണ്ട് ആ കർത്താവ് വരുമെന്നും നമ്മൾ കർത്താവിനോടൊപ്പം എന്നും അവിടെ ചെല്ലുമെന്നും കർത്താവിൻ്റെ രാജ്യത്തായിരിക്കും നമ്മളെ ആരെയും മാറ്റി നിർത്തി പറയുക സുഹൃത്ത് ഇത് വല്ലതും നടക്കുന്ന കാര്യമല്ലോ അവിടെ നിങ്ങൾ കർത്താവ് വരുമ്പോൾ നിങ്ങൾ ഉയർന്നു പോകും ഒന്ന് പറയുന്ന ഒരൊറ്റ കാര്യം തന്നെ നോക്കുക കഴിഞ്ഞൊരു ദിവസം ഒരാൾ പറഞ്ഞത് അതെന്തോ ഒരു മണ്ടത്തരമാണ് ഈ മേളിലോട്ട് ഒരു കാര്യം പോകാനൊക്കെ അതായത് കർത്താവും വാനമേഗത്തിൽ വരുമ്പോൾ പറഞ്ഞിടുകയും ഞാൻ പറഞ്ഞിടുകയും നമ്മുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഒരാൾ ചോദിക്കുക എങ്ങനെ പറക്കും ഈ ഭൂമിക്ക് ഗുരുത്വാകർഷണമെന്നൊരു കാര്യമുണ്ട് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഗുരുത്വാകർഷണം അതനുസരിച്ച് മേപ്പോട്ടൊന്നിന് പോകാനൊക്കെയില്ല അതിനെ എന്തോ ചെയ്യും താഴോട്ട് വലിക്കും താഴോട്ട് വലിക്കും ശരിയല്ലേ നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പഠിച്ച സയൻസും നമ്മുടെ പ്രായോഗികജ്ഞാനവും അനുസരിച്ച് കർത്താവ് വരുമെന്നും വാനമേഘത്തിൽ നമ്മളെ ചേർക്കുമെന്നും ഇനി ഒരനന്തമായ കാലമുണ്ടെന്നും സ്വർഗത്തിൽ നമ്മൾ എത്തുന്നുമായിരിക്കുമെന്നും അവിടെ കർത്താവിനോടൊപ്പം വാഴുവെന്നും ഒക്കെ പറയുന്നത് യുക്തിക്കും ശാസ്ത്രത്തിനും മടയത്തരമാണ് മടേത്തരം ഈ യോസഫനോട് ചോദിക്കുക സുഹൃത്ത് നിങ്ങൾ എന്നാ ഈ പറയുന്നത് നിങ്ങൾ എത്രയോ കാലം കഴിഞ്ഞ് ഇവിടുന്ന് പുറപ്പെടുമെന്നും അന്ന് നിങ്ങളുടെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ യുക്തിക്ക് അത് മനസ്സിലാകുന്നില്ലല്ലോ അപ്പം ജോസഫ് എന്തുവാ പറയുന്നത് നിങ്ങളുടെ യുക്തിക്ക് മനസ്സിലാകാത്തതാണ് എൻ്റെ വിശ്വാസം ഇസാക്ക് മക്കളെ അനുഗ്രഹിക്കുന്നു അവരുടെ ഭാവി പറയുമ്പോൾ ഭാവി കാലം പറയുമ്പോൾ ആളുകൾ ചോദിക്കുക എന്നിരിക്കട്ടെ ഇസാക്കെ നിനക്ക് ഈ ഭാവിയെക്കുറിച്ചേ പറയാനുള്ളു അതെ നിങ്ങൾ ഈ കാണുന്ന നീ അത് കാണുന്നില്ലല്ലോ ഇസാക്കേന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് വിശ്വാസം ഇവരെല്ലാം ആ നിലയിൽ നടന്നവരാണ് അതുകൊണ്ട് അതിൻ്റെ അതുകൊണ്ടാണ് ആ പതിമൂന്ന് പതിനൊന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ച് ചിന്തിച്ച ഒരു വാക്യം ഇവരെല്ലാവരും വാഗ്ദത്ത് നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് അതി അത് കണ്ട് അഭിവന്നിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്നേറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു വിശ്വാസത്തിൽ മരിച്ചു ഇവരെന്തു ചെയ്തു ഇവരെ ഇവരുടെ ജീവിതകാലത്ത് അതൊന്നും അതൊന്നും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ല ഭാവിയെ സംബന്ധിച്ചൊരു കാര്യത്തിൽ നമ്മളും എന്താ നമ്മുടെ വിചാരം എന്താ നമ്മളിങ്ങനെയൊക്കെ ജീവിച്ച് അവസാനം നമ്മുടെ ജീവിതകാലത്ത് ഇതെല്ലാം നടന്ന് എല്ലാവരും നമ്മളെ അംഗീകരിച്ച് ഞാൻ ചിലപ്പോൾ പറയാറുള്ളത് പോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ നമുക്ക് പൊന്നാടയൊക്കെ തന്ന വിശ്വാസവീരൻ കുടമാളൂരിൻ്റെ വിശ്വാസവീരൻ എന്നൊരു പൊന്നാടയൊക്കെ നമ്മളെ അണിയിച്ച് നമ്മളെ എല്ലാവരും കൂടെ പത്രത്തി ഫോട്ടോയും ഒക്കെ നിങ്ങൾ വിചാരിച്ചേക്കുന്നത് അല്ല നിങ്ങൾ ഞാൻ ഒരു ദിവസം ഉരുണ്ടു വീണിച്ചാൽ ഉരുണ്ടു വീ നമ്മളെല്ലാവരും മരിക്കും കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ ഏ അങ്ങനെ സംഭവിച്ചാൽ ലോകമെന്തോ പറയും അയാൾ എന്തോ ഒരു സാധ്യതയുള്ള ആളായിരുന്നു അയാൾ അതിന് ഓരോ എന്തോ ചെയ്തു ഏതാണ്ടൊക്കെ വിശ്വസിച്ച് അയാൾ പ്രമോഷനും വേണ്ട എന്ന് വെച്ചു അത് വെട്ടിപ്പിടിക്കാവുന്ന വെട്ടിപ്പിടിക്കേണ്ടതെ ഇരുന്നു ഒരു കാര്യമൊന്നും ചെയ്തുമില്ല നേരെ ഏഹ് ഇയാളിങ്ങനൊക്കെ അങ്ങ് ജീവിച്ചങ്ങ് എന്തോ ഒരു സാധ്യതയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ നമ്മളെക്കുറിച്ച് പരിതപിക്കേയുള്ളൂ അല്ലാതെ നമുക്ക് പൊന്നാടി ഒന്നും തരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കേണ്ട കാരണം ഇതെന്താ നേരത്തെ നമ്മുടെ മുമ്പാകെ ജീവിച്ചു പോയ ഇവരും എന്തേ ചെയ്തു ആ ഭൂമിയിൽ അന്യരും പരിതേശികളൊന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് അവരെ വിശ്വാസത്തിൽ മരിച്ചു മരിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസമെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിൽ ലേഖനം പതിനൊന്നാം അധ്യായം ആരംഭിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം ഇനി മറ്റൊരാളെക്കുറിച്ചാണ് പറയുന്നത് എന്താ പറയുന്നത് പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ വിശ്വാസത്താൽ മോശയുടെ ജനനത്തെങ്കിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു കണ്ടോ ഇവിടെ ഇവിടെ നമ്മൾ സാധാരണ വിശ്വാസവീരന്മാരെന്ന് കരുതാത്ത ചിലരെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് മോശയെക്കുറിച്ചാണ് അല്ല മോശയുടെ അമ്മയും അപ്പനെയും കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അവരെന്തോ ചെയ്തു അവരൊരു കൊച്ചു കാര്യമേ ചെയ്തോളൂ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും പുറപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാം അധ്യായത്തിൽ ജോസഫിനെ അറിഞ്ഞുകൂടാത്ത ഒരു പർവൻ വന്നു പർവൻ വന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ എബ്രായ സ്ത്രീകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടുത്തെ വിളിച്ചു മിശ്രൈൻ രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രാഹിം സൂദി കർമ്മിണികളോട് നിങ്ങൾ എബ്രാഹിം സൂദി അവരോട് പറഞ്ഞത് നിങ്ങൾ എബ്രഹിം സ്ത്രീകളുടെ അടുത്ത് അവരുടെ പ്രസവം എടുക്കാൻ ചെല്ലുമ്പം കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങളെന്തോ ചെയ്തേക്കണം അതിനെ കൊന്നേക്കണം കണ്ടോ രാജാവ് അതായത് ആ പ്രസവത്തിൻ്റെ സമയത്ത് ഈ അമ്മയ്ക്ക് ഒരു കരച്ചിൽ കേട്ടോ ഈ സ്ത്രീ അതിനെ ഇടം കൈകൊണ്ട് പതുക്കെ അതിൻ്റെ ഒരു ഞെക്ക് വെച്ച് കൊടുത്ത് അതില്ലാതായി പാവം അമ്മ വിചാരിക്കുക ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മരിച്ച എന്ന് വിചാരിച്ചേക്കാം ഇങ്ങനെയൊക്കെ ഒരു തന്ത്രമാണ് ആര് പറഞ്ഞു കൊടുത്തത് പറവൻ പറഞ്ഞു കൊടുത്തത് എന്താ അദ്ദേഹം ഇങ്ങനെ പറയാൻ എന്താ കാര്യം നോക്കിയപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം എബ്രാജനം എബ്രാഹാതി അവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അവരെ വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് ഇവരെ ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്തോണം കൊന്നോണം എന്ന് പറഞ്ഞ് ഇവരെ ഇവരെ വിട്ടു സൂതികർമ്മിണികളെ വിട്ടു പക്ഷെ അവരെന്തായിരുന്നു അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു അതുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുന്നത് മോശയുടെ ജനനം ആ മോശയുടെ ജനനത്തെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചത് അമ്മയപ്പന്മാർ ശിശു സുന്ദരൻ കണ്ടു രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെടാതെ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു രണ്ടാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് പുറപ്പാട് ഹുസാൻ രണ്ടിൻ്റെ രണ്ടിൽ അവൾ ഗർഭം ധരിച്ച് എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി അകന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു കണ്ടോ രാജാവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു ഉടനെ തന്നെ ഈ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യണമായിരുന്നു പക്ഷേ അവർ ഈ അമ്മയപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അതും അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ നിലപാടായിട്ടാണ് പറഞ്ഞു വെച്ചേക്കുന്നത് എന്നിട്ട് അടുത്ത വാക്യം നോക്കുക പിന്നെ മോശയെക്കുറിച്ച് പറയുക മോശയെക്കുറിച്ച് ഇരുപത്തിനാലാമത്തെ വാക്യം വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല പോകത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫർവോൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസി നിരസിക്കുകയും മിശ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു ഇവിടെ മോശ കണ്ടോ മോശ മൂന്ന് കാര്യങ്ങളാണ് മോശയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ട് കൂടുതൽ വാക്യങ്ങൾ എടുത്താണ് എബ്രാഹിം ലേഖനകാരൻ മോശയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ മോശ താൻ മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു മൂന്ന് കാര്യങ്ങൾ വേണമെന്ന് വെച്ചു ഒന്നെന്താ മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണ്ടെന്ന് വെച്ചു മറിച്ച് എന്തോ വേണമെന്ന് വെച്ചു ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് താന് എടുത്തു രണ്ടാമത് താൻ എന്ത് ചെയ്തു ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു നിരസിച്ച് വേറൊരു പ്രതിഫലം താൻ എടുത്തു അതാണ് ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് അടുത്തത് ഇരുപത്തിയാറാമത്തെ വാക്യത്തിലോ മിശ്രൈമിലെ നിക്ഷേപങ്ങൾ വേണ്ടെന്ന് വെച്ചു ക്രിസ്തുവിൻ്റെ നിന്നയെ താന് സ്വീകരിച്ചു മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു മൂന്ന് കാര്യങ്ങൾ എടുത്തു ഈ മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച മൂന്ന് കാര്യങ്ങൾ എന്തായിരുന്നു നമ്മൾ വിശ്വാസത്തിൻ്റെ നിർവചനത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ വേണ്ടെന്ന് വെച്ച മൂന്ന് കാര്യങ്ങൾ അന്ന് കാണാവുന്നതും തൊടാവുന്നതും ഒക്കെയായ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് താൻ വേണ്ടാന്ന് വെച്ചത് എന്നു വെച്ചാൽ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങൾ താന് മിശ്രൈമിൽ ഫറവോൻ്റെ മകളുടെ മകനായിട്ട് ജീവിക്കുക അടുത്ത ഫറവോനായിട്ട് ജീവിക്കുക താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് എന്ത് ചെയ്യാമായിരുന്നു തനിക്ക് സ്വായത്തമാക്കാമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തൻ്റെ മുമ്പിൽ യാഥാർത്ഥ്യമാണ് അത് തനിക്ക് സ്വീകരിക്കുമായിരുന്നു ആ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ താൻ എന്തോ ചെയ്തു ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു ഈ ദൈവജനത്തിന് വേണ്ടി താൻ കഷ്ടം അനുഭവിക്കുക അന്ന് അരമനിലായിരിക്കുമ്പം ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് എന്താ തൻ്റെ കണ്ണിന് കാണാവുന്ന ഒരു കാര്യമല്ല പക്ഷെ വിശ്വാസത്താൽ താൻ അത് തിരഞ്ഞെടുത്തു രണ്ടാമത് കണ്ടോ ഫർവുവിൻ്റെ പുത്രിയുടെ മകൻ അതായിരുന്നു തൻ്റെ ടൈറ്റിൽ തനിക്കത് കൈയാളാമായിരുന്നു പക്ഷേ താൻ അത് നിരസിച്ചിട്ട് നിരസിച്ചത് എന്തുകൊണ്ടാണ് ഒരു പ്രതിഫലം നോക്കിയിട്ടാണ് അത് നിരസിച്ചത് എന്താ പ്രതിഫലം പ്രതിഫലം എന്താണ് ഈ സത്യത്തിന് വേണ്ടി നിൽക്കും അതിന് ദൈവം തന്നെ ഒരു പ്രതിഫലം നൽകും സ്വർഗ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഈ കനാലിൽ ഈ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ ദൈവം എനിക്കൊരു പ്രതിഫലം നൽകും എന്നുള്ള ഒരു കാര്യം അതെന്തല്ല അത് കാണാവുന്നതല്ല ഞാൻ പറഞ്ഞത് മോശം നിരസിച്ച കാര്യങ്ങളൊക്കെ കാണാവുന്ന കാര്യമായിരുന്നു മോശം സ്വീകരിച്ച കാര്യങ്ങളൊക്കെ കാണാത്ത കാര്യങ്ങളായിരുന്നു കാണാത്ത കാര്യങ്ങൾ മൂന്നാമതോ മിശ്രൈമിലെ നിക്ഷേപങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് അവിടെ ഖജനാവ് ഉണ്ടായിരിക്കും ഈ അരമനയെക്കൂടെ അരമനയിലെ ഒരു മുറി ഖജനാവായിരിക്കും സ്വർണവും വെള്ളിയും തനിക്ക് കാണാം സ്പർശിക്കാം തൻ്റേതാണ് പക്ഷേ അതൊക്കെ താൻ വേണ്ടാന്ന് വെച്ചു ക്രിസ്തുവിൻ്റെ നിന്ന അതിനായിട്ട് അതിനെ താൻ സ്വീകരിച്ചു ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുമ്പോൾ ഇത് മൂന്നും വിശ്വാസത്തിൻ്റെ നിലപാടുണ്ടെങ്കിൽ കാണാവുന്ന ചില കാര്യ നേട്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് കാണാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിൽക്കാനായിട്ട് കഴിയുള്ളു ഇവിടെ കണ്ടോ നമുക്കതിലെ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കാം ഇരുപത്തിനാലാമത്തെ നോക്കാം വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല പോകത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു ഇവിടെ ഓരോ കാര്യങ്ങൾ കൊച്ചു കൊച്ചു വാക്കുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കണം പക്ഷെ അതിനൊക്കെ അർത്ഥമുണ്ട് പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുവാ എബ്രാഹി ലേഖനകാരൻ പറയുന്നത് ആ അതിൻ്റെ അതിൻ്റെ ഭോഗം ആ സുഖമുണ്ടല്ലോ പാപത്തിൻ്റെ സുഖം എന്താ നൈമിഷികം തൽക്കാല ഭോഗമാണ് ഒരിച്ചരെ നേരത്തേക്കേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ പിശാജ് പലപ്പോഴും ഈ ആടിനെ പ്ലാവല കാണിച്ച് നടത്തുന്നതെന്ന് പറഞ്ഞ പോലെ ആ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മളെ കാണിക്കുമല്ലോ നമ്മൾ വിചാരിക്കും അയ്യോ അത് നല്ലതാണെന്ന് വിചാരിക്കും പക്ഷേ എബ്രാ ലേഖനകാരൻ എന്തോ പറഞ്ഞേക്കുന്നത് അത് ഒരു നിമിഷ വെള്ളത്തിലെ കുമള പോലെ തൽക്കാലത്തേക്കേ ഉള്ളൂ അതിനു വേണ്ടി നിങ്ങളെന്ത് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തരുത് ഇന്നിപ്പം പല കാര്യം ഞാൻ ഈ പത്രത്തിലൊക്കെ ചില ആളുകൾ നല്ല നിലയിലൊക്കെ ഉള്ള ചില ആളുകൾ കൊച്ചു കാര്യത്തിന് വേണ്ടി കൊച്ചു കാര്യത്തിന് വേണ്ടി അവരെ പിടിച്ചു ഏ ഏ ഒരു നല്ല വലിയ നിലയിലാകേണ്ട ആളുകൾ കൊച്ചു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പാപത്തിൻ്റെ ഒരു തൽക്കാല പോകത്തിന് വേണ്ടി അവരവരെ തന്നെ മറന്ന് മോശമായ ഒരു കാര്യം പ്രവർത്തിച്ചു പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറ്റി ആ പോയി ഈ പെൺകുച്ച് പോയി പോലീസിൽ പരാതി കൊടുത്തു അല്ലെങ്കിൽ പത്രക്കാർ കൊണ്ടുപോയി പത്രത്തിൽ വന്നു ചുരുക്കത്തിൽ ഈ ആളിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉള്ള ഒരു മനുഷ്യനാണ് അയാൾക്കൊരു ഒരു നിമിഷത്തിൽ വന്ന ഒരു പിഴവാണ് ഈ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയത് പക്ഷേ അതിന് ഇയാളുടെ പേരുന്ന പേ പത്ര പടമെല്ലാം പത്രങ്ങളിലും എല്ലാം വന്ന് അയാൾക്കും അയാളുടെ പാവപ്പെട്ട ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം എന്താ നാണക്കേട് വരുത്തി വെച്ച് അവസാനം ആ നാണക്കേട് സഹിക്കാനൊക്കാതെ പോലീസ് എവിടെയെങ്കിലും വിട്ടയക്കുമ്പോൾ ഏതെങ്കിലും ലോഡ്ജി മുറി എടുത്ത് ആത്മഹത്യ ചെയ്തു എത്ര എത്ര പേരാ ജീവിതം എറിഞ്ഞുടച്ച് കളയുന്നത് എങ്ങനെയാണ് പറ്റിയത് എന്ത് വരുന്നു ഇവർ ഏതിനു വേണ്ടിയാണ് ഇത് ചെയ്തത് അതെത്ര നേരത്തെ സുഖമാണ് പാവത്തിൻ്റെ തൽക്കാലം പോകണം പക്ഷേ പിശാജ് കാണിക്കുന്ന കണ്ടോ പിശാജ് പാവപ്പെട്ട മനുഷ്യരെ ഇത് വലിയ എന്തോ കാര്യമാണെന്നും പറഞ്ഞാൽ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് പക്ഷേ എബ്രാ ലൈനഗരം പറയുന്നു എന്താ അത് തൽക്കാലം പോകാം പാസിങ് അതിൻ്റെ സുഖം എന്തേ എന്താ അല്പം ഉള്ളൂ അതിനു വേണ്ടി എത്രയോ പേരവരുടെ സാധ്യതയുള്ള ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു അവരുടെ കുടുംബത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇവരെ ഇങ്ങനെ ഒരു കാര്യത്തിന് എൻ്റെ പേരിൽ ആ സമൂഹത്തിൻ്റെ നിന്ന പേറാനൊക്കാതെ അവർ പോയി ആത്മഹത്യ ചെയ്തു പക്ഷേ അവരുടെ കുട്ടികൾ ജീവിച്ചിരിക്കുന്നു ആ കുട്ടികൾ പഠിച്ചു വരുമ്പോഴൊക്കെ ആളുകൾ എന്താ പറയുന്നത് ഇവൻ്റെ അപ്പൻ ഇങ്ങനെ ആയിരുന്നു സമൂഹത്തിൽ വിലയുള്ള ആളുകൾ വലിയ വിലയുള്ള ആളുകൾ മന്ത്രിമാരായിരുന്നവർ അവരൊക്കെ കൊച്ചു കാര്യത്തിന് വേണ്ടി കൊച്ചുകാര്യം പാവത്തിൻ്റെ പോകം എപ്പോഴും എന്താണ് താൽക്കാലികമാണ് പക്ഷെ പിശാജ് എന്തോ പറയുന്നത് പിശാചിൻ്റെ ചതി എന്താ ഇത് ഏറ്റവും വലിയ ഒരു സുഖമായിട്ട് അവൻ ഇങ്ങനെ കാണിക്കും പാവപ്പെട്ട മനുഷ്യർ ഈ ഈയാമ്പാറ്റ ഈ വിളക്ക് കണ്ട് അത് ഏതാണ്ടോ തിന്നാൻ കൊള്ളാവുന്നെന്ന് പറഞ്ഞാൽ ആ തീക്കടുത്തേക്ക് ഇല്ലെന്ന് ചെല്ലുമ്പോൾ അതെന്തോ ചെയ്യും ആ തീയിൽ ചിറക് അരിഞ്ഞ് താഴെ വീഴും ഈ പാവത്തിൻ്റെ സുഖങ്ങളെല്ലാം ഇങ്ങനെ പിശാചി കൊളുത്തി വെച്ചേക്കുന്ന തീയാണ് പാവപ്പെട്ട മനുഷ്യരത് മനസ്സിലാകാതെ അവിടെ ചെന്ന് അത് ഏതാണ്ടോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ചെല്ലും അവസാനം ചിറക് കരിഞ്ഞ് നിലത്ത് വീണു പോകും തൽക്കാലം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത് പാവത്തിൻ്റെ തൽക്കാല പാവം പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇതിനെതിരെയൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളും എന്ത് പറ്റിപ്പോയതിനേയും നമ്മളും ഈ ഈ ആളുകളെക്കാളും ഒന്നും ഒട്ടും മെച്ചപ്പെട്ട ആളുകളായതുകൊണ്ടല്ല മറിച്ച് കാലാകാലങ്ങളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവവചനത്താൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ആ സത്യത്തിൻ്റെ സാക്ഷികളായി വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് നശിക്കാതെ ഇരിക്കാനിടയാകുന്നത് അപ്പോൾ പാപത്തിൻ്റെ തൽക്കാലം പോകാം അപ്പോൾ മോശിക്ക് മനസ്സിലായി ഈ പാപം എന്തായിരുന്നു ഇതൊക്കെ താൽക്കാലികമാണെന്ന് താൻ മനസ്സിലാക്കി ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു സ്വാഭാവികമായിട്ടൊരാൾ അങ്ങനെ ചെയ്യാൻ വയ്ക്കുമോ വെക്കുകയല്ല വിശ്വാസത്തിലേ ചെയ്യാൻ വെക്കും കാര്യം ഇവൻ്റെ ജനം യഹൂദാ ജനം എബ്രാജനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ അതെന്താണ് കഷ്ടപ്പാടാണ് അവർ അടിമകളാണ് അവരാ നാട്ടിൽ നിന്ദിതരാണ് തനിക്ക് ഇവിടെ രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയാവുന്നിടത്ത് വെച്ച് താൻ അത് വേണ്ടെന്ന് വെച്ച് ഈ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കും നമുക്ക് അതിലേക്ക് വ ആ വാക്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവർ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം വിശ്വാസത്താൽ മോശമാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാലഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു നമ്മൾ തൽക്കാലഭോഗമെന്നുള്ള പറഞ്ഞു അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യവും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മളെന്താ നമ്മുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട് തിരഞ്ഞെടുപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ പാപത്തിൻ്റെ തൽക്കാലഭോഗമെടുക്കാം അല്ലെങ്കിൽ കഷ്ടമെടുക്കാം നമ്മളെന്തോ തിരഞ്ഞെടുക്കും നമ്മൾ ദൈവത്തെ പ്രതി ദൈവവചനത്തെ പ്രതി ദൈവത്തോടുള്ള വിശ്വസത്തെ പ്രതി നമ്മൾ കഷ്ടത്തെ തിരഞ്ഞെടുക്കും പ്രലോഭനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രലോഭനം വരുമ്പോൾ ആ പ്രലോഭനം സ്വീകരിച്ചാൽ അതിലെന്തുണ്ട് അതിലൊരു സുഖമുണ്ട് എന്നാൽ ആ പ്രലോഭനം വേണ്ടാന്ന് വെച്ചാൽ അതിനോട് നോയെന്ന് പറഞ്ഞാൽ ജഡത്തിലൊരു കഷ്ടം നമ്മൾ അറിയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഇന്നറിയുമ്പം നമ്മൾ വിചാരിക്കരുത് നമ്മളാ ഇതിൻ്റെ നമ്മളെക്കാളും എത്രയോ മുമ്പ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മോശയെപ്പോലൊരാൾ താൻ വിശ്വാസത്തിൽ ഈ കഷ്ടം അനുഭവിക്കുന്ന നമുക്കും ഇന്ന് വിശ്വാസത്തിലെ ഒരു പാപപ്രലോഭനത്തിൻ്റെ സുഖത്തോട് നോ എന്ന് പറഞ്ഞ് ജഡത്തിലൊരു കഷ്ടം എടുക്കാനായിട്ട് ഒക്കെയുള്ളൂ കാര്യമെന്താ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അവിടുന്ന് എന്നെ കാണുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അവിടുന്ന് പ്രതിഫലം തരും ഈ ഒരു വിശ്വാസത്തിൻ്റെ നിലപാടിൽ നമുക്ക് ഈ കഷ്ടത്തെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും ഗലാത്തിർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് സാധ്യതകളാണ് ഇപ്പം നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ രണ്ട് സാധ്യതകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വചനം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും विरोधम प्रश्न वो तेरेपि म वो पापती तकाल भोग दैवज कष्टमु अवड़ोर तेरे आरजेड़पाद अलग इथल इवे कला अंजिटे पदे कौ जडाभलाष आत्मा आत्माभिलाषं जडति विरोधमी नमुके ജഡാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ ആൽമാഭിലാഷത്തിൻ്റെ കൂടെ നിൽക്കാം ഇതിനിടയ്ക്ക് രണ്ടും കൂടെ ചേർന്ന് ഒരു മാർഗമില്ല ഇതാണ് ആ തിരഞ്ഞെടുപ്പെന്നുള്ള കാര്യം നമ്മളോട് പറയുന്നത് എന്നാൽ ഇന്ന് പിശാജ് വിശ്വാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കൈകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കൈകൊണ്ട് ജഡാഭിലാഷത്തെയും പിടിക്കാം ഒരു കൈകൊണ്ട് ആത്മാവിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യാം അങ്ങനെ ഒരു പൊത്തുവരുത്ത ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം എന്നാണ് പലരും കരുതിയിരിക്കുന്നത് രണ്ടിടത്തെയും രണ്ടിടത്തെയും നേട്ടങ്ങൾ നമുക്കാകാം എന്നാൽ ഇവിടെ ഗലാത്തിർ അഞ്ചിൻ്റെ പതിനേഴ് പറഞ്ഞേക്കുന്നു അങ്ങനെ ഒരു രണ്ടും കൂടില്ല ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് തീമത്തി നോക്കുക രണ്ട് തീമത്തി ഇതുപോലെ തന്നെ ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വാക്യം അവിടെ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ കാര്യങ്ങൾ വളരെ നിശ്ചിതമാണ് എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ഒരു വാക്യമാണ് പതിനൊന്ന് പന്ത്രണ്ട് നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും അതേസമയം നാം തള്ളി പറയുന്നെങ്കിൽ അവൻ നമ്മെ തള്ളി പറയും രണ്ട് ഇതേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്കൊരു പരിപാടിയില്ല കണ്ടോ മോശയുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് പ്രിയപ്പെട്ടവര് ആ ഒരു കാര്യം നമ്മളെ ശ്രദ്ധിക്കുക നമുക്കതുകൊണ്ട് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പം ഒന്നിനോട് നമ്മൾ എതിരാണ് മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കണം ഇങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാനായിട്ടേ കഴിയുള്ളൂ ഇരുപത്തയ്യ് അടുത്ത വാക്യത്തിൽ നോക്കാം അങ്ങനെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് താൻ എന്തോ ചെയ്തു നിരസിച്ചു അപ്പം മോശ ഇവിടെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ ഫറവുവിൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് താൻ എന്ത് ചെയ്തു നിരസിച്ചു ഫറവൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പം അതിനെ തുടർന്ന് അതെന്തെല്ലാം കാണിക്കുന്നു അത് തനിക്ക് ഫറവൻ്റെ പുത്രിയുടെ മകനാണെങ്കിൽ ഭാവിയിൽ ഈ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാകാനുള്ള സാധ്യതയെ ആണ് താൻ വേണ്ടാന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചത് വേണ്ടാന്ന് വെച്ചിട്ട് താൻ എന്തോ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടെന്ന് വെച്ചത് കണ്ടോ പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്തുവാ പ്രതിഫലം പ്രതിഫലം എന്താ ഈ ഫർവോന്റെ പുത്രിയുടെ മകനായിട്ട് ഭാവിയിലെ ഫർവോനായിട്ട് വരുന്നത് ഒരു വശത്ത് മറുവശത്ത് ഓ തനിക്ക് വാഗ്ദത്തം കിട്ടിയ ആ ദേശത്ത് ആ ദേശത്ത് താനായിരിക്കും അവിടെ ദൈവം തന്നെ കൊണ്ടുപോകും അതിനെ ആ അതിനെ വലിയ പ്രതിഫലമായിട്ട് ഇതിനേക്കാൾ വലിയ പ്രതിഫലമായിട്ട് മോശം കണ്ടത് തനിക്കെന്ത് എന്ത് ഇത് വേണ്ടാന്ന് വെച്ച് അതിനെ വലുതായിട്ട് കണ്ടതുകൊണ്ടാണ് അതിനായിട്ട് നിൽക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ എല്ലാം അങ്ങനെ പറ്റുള്ളൂ കാര്യം ഈ പ്രതിഫലം എന്തില്ല അന്നേരം മോശയ്ക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പ്രതിഫലമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ പ്രതിഫലം എന്നിപ്പോൾ പറഞ്ഞത് മോശ തൻ്റെ വാഗ്ദത്ത ദേശത്ത് ദൈവം തന്നെ കൊണ്ടെത്തിക്കും തനിക്കും അവിടെ ദൈവജനത്തോടുകൂടെ തനിക്കൊരു പങ്കാളിത്തമുണ്ട് എന്നുള്ള ആ ഒരു പ്രതിഫലം മതിയെന്ന് പറഞ്ഞാൽ മോശ ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്ക് മോശ അവിടെ ചെന്നു ഇല്ല മോശ അവിടെ ചെന്നില്ല കണ്ടോ മോശ മെരീബ വെള്ളത്തിങ്കൽ വെച്ച് മോശ ദൈവത്തെ മാനിക്കാഞ്ഞതുകൊണ്ട് മോശ മോശയോട് എന്താ പറഞ്ഞു നീ അത് കാണും കടക്കുകയില്ല എന്ന് പറഞ്ഞു ഈ വാഗ്ദാദ് നോക്കിയിട്ടാണ് ഇത് വേണ്ടാന്ന് വെച്ചത് പറവൻ്റെ പുത്രിയുടെ മകൻ ഉള്ളത് വേണ്ടയെന്ന് വെച്ച് അവസാനം പിസ്കാക്കോട് കൂടി കയറി നിന്നുകൊണ്ട് അതൊന്ന് കണ്ടേ കണ്ടോ എന്ന് പറഞ്ഞു നമ്മൾ വല്ലോ അന്നേരം പിസ്കാക്കോട് കൂടി മോശയുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ പറയും മോശേ നീ മണ്ടനായി പോയല്ലോ നീയേ ഈ അവിടെ കടക്കുമെന്നും പറഞ്ഞല്ലായിരുന്നോ നീയേ ഏത് വേണ്ടെന്ന് വെച്ചത് ഇന്ന് അവിടെ ഇരിക്കാവുന്ന സാധ്യത വേണ്ടെന്ന് വെച്ച് വന്നത് ദൈവത്തെ വിശ്വസിച്ചോ ദൈവം എന്നെ ഒന്നും ചെയ്യലെന്നൊക്കെ പറഞ്ഞ് നീ വന്നല്ലോ എന്നിട്ട് അവസാനം കണ്ടോ ദൈവം നിന്നെ ഇവിടെ കടത്തിയോ കടത്തിയില്ലല്ലോ നീ ഒരു മണ്ടനെ പോലെ ഇത് കണ്ടേച്ച് ഇവിടെ തന്നെ മരിച്ചു വീഴേണ്ടി വരുമല്ലോ അപ്പോൾ അതിനെന്നാവും മറുപടി പ്രിയപ്പെട്ടവർ നമ്മൾ ചരിത്രത്തെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണുന്നുണ്ട് എന്താ മോശ അക്ഷരാർത്ഥത്തിൽ അന്നേരം ഇവിടെ കടന്നില്ല ഈ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കടന്നില്ല പക്ഷേ പുത്രൻ തമ്പുരാൻ വീണ്ടും ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പം മറുരൂപമലയിൽ മറുരൂപമല എവിടെയാ മറുരൂപമല ഈ യഹൂദ നാട്ടിലാണ് ഈ പാലും തേനും ഒഴുകുന്ന ഈ നാട്ടിലാണ് ഈ ഇസ്രായേലിലാണ് ഇസ്രായേലിലെ ആ മല ചെന്നപ്പം ആരൊക്കെയാണ് അവിടെ വന്ന് വർത്തമാനം പറഞ്ഞ് മോശയും എലിയാവും മോശ അന്നേരം ഒരിക്കൽ തനിക്ക് കിട്ടാഞ്ഞത് ഇവിടെ കിട്ടി ആരുടെ കൂടെ കിട്ടി പുത്രൻ തമ്പുരാൻ്റെ കൂടെ അവിടെ കാൽ കുത്തി അപ്പം മോശ മോശ ഇപ്പോൾ ഇപ്പം നമ്മൾ നമ്മൾ അന്ന് പിസ്ക കൊടുമുടി വെച്ച് കണ്ട് മോശയെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഇന്ന് മോശം കണ്ട എന്തോ പറയും കണ്ടോ കണ്ടോ എൻ്റെ ദൈവം വിശ്വസനാ കണ്ടോ നിങ്ങളന്ന് പറഞ്ഞില്ലേ നീ കടക്കുകയല്ല ദൈവം നിന്നോട് നീതി കാണിച്ചില്ല പറഞ്ഞില്ലേ പക്ഷേ കണ്ടോ ദൈവം എനിക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നു അന്ന് ഞാൻ എങ്ങനെങ്കിലും പ്രായമായി ഇത്രയും ഈ കണ്ണ് അല്ലേ അവൻ്റെ കണ്ണ് മങ്ങിയില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ കണ്ണ് കാണാതെ പറയുന്നത് ശരിയല്ല എന്നാലും അവിടെ प्रधानपेर क्यों इन कर्तव कापम इवे काड़ो अब तीफल नोक्यू तीफल किटी अणिये नाम संबंधों नाम चिंती क्यों तक नमुक निर्तमर वाक्यम नोक एणपत्ते संगीर्तन एणपत्ते संगीर्तन ई विश्वास ना कुछ ഒരു വാക്യം അവിടെ അതിൻ്റെ പത്താമത്തെ വാക്യം കോരഹൂത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് അതിൻ്റെ പത്താമത്തെ വാക്യം നിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം മോശയെ സംബന്ധിച്ചിടത്തോളം മോശ പറയുക എനിക്ക് പറവൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ എനിക്ക് താൽക്ക താല്പര്യമെന്താ എനിക്ക് താല്പര്യം എൻ്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് അല്ലെങ്കിൽ പാപത്തിൻ്റെ തൽക്കാലഭോഗത്തേക്കാൾ എനിക്ക് താല്പര്യം എന്താ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ മിശ്രൈമിലെ വലിയ നിക്ഷേപങ്ങളേക്കാൾ എനിക്കെന്താ താല്പര്യം ക്രിസ്തുവിൻ്റെ നിന്നെയാണ് എനിക്ക് താല്പര്യം ഇവിടെ കോരേഹുപുത്രന്മാരും അതുതന്നെ പറയുന്നത് എനിക്ക് ഓ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ ചെന്ന് പാർക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിട്ടിരിക്കുന്ന എനിക്ക് എനിക്ക് നല്ലത് വേറെ ആയിരം ദിവസം ഈ ലോകത്ത് കിട്ടുന്ന ആയിരം ദിവസങ്ങളേക്കാൾ നിൻ്റെ പ്രാകാരത്തിൽ ഒരു ദിവസം കണ്ട ഒരു ത്രാസ് പോലെ ഈ കാര്യങ്ങൾ ഒരു ത്രാസിൻ്റെ ഒരു തട്ടിലെന്തോ ഉണ്ട് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാവുന്ന ആയിരം ദിവസം മറ്റിടത്ത് എന്തോണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു ദിവസം ഓരപൂത്രന്മാർ നോക്കുമ്പം ഈ ഒരു ദിവസത്തിൻ്റെ തട്ട് താണു കിടക്കും അങ്ങനെ ത ആ തട്ട് താണു കിടക്കുന്നതായിട്ട് കാണണമെങ്കിൽ എന്ത് വേണം വിശ്വാസം വേണം വിശ്വാസം വേണം വിശ്വാസം ഇല്ലാത്തവരെല്ലാം പറയും ആയിരം ദിവസമല്ലയോ ഒരു ദിവസവും ആയിരം ദിവസവും എന്തേലും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ആയിരം ദിവസമല്ലേ കൂടുതൽ നീ ആയിരം ദിവസത്തിനായിട്ട് ജീവിക്കേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മളായിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി എന്തെല്ലാമോ വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് പക്ഷേ നമുക്ക് മുമ്പേ പോയ മുമ്പേ പോയ വിശ്വാസവീരന്മാർ ഇതേ കാര്യത്തിലൂടെ തന്നെ കടന്നുപോയി അവരുടെ മുമ്പിലും ഈ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നപ്പോൾ അവർ കാണുന്ന ഒരു കാര്യത്തേക്കാൾ കാണാത്ത നിന്ദയുടെ പരിഹാസത്തിൻ്റെ ഒക്കെ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതും ഒക്കെ അവർ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തത് എന്താ ആത്യന്തികമായിട്ട് അവർക്കാണ് പ്രതിഫലമുള്ളത് ഈ ഒരു നിലയിലാണ് നമ്മളും ഇന്നായിരിക്കുന്നത് നമുക്കും ഈ ഒരു ബോധ്യമുണ്ടെങ്കിലേ വിശ്വാസത്തിലെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ ഈ അധ്യായത്തിലെ ഓരോ വാക്യങ്ങളും നമ്മളെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന വാക്യങ്ങളാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ കേട്ട കാര്യങ്ങളുമായിട്ട്